ഇസ്രായേൽ സന്തതികളിൽ നിന്ന് അള്ളാഹു സുബഹാനഹുവത്ത് അല ഒരു കരാറെടുത്തു അവരിൽ നിന്ന് പന്ത്രണ്ട് നേതാക്കളെ നാം നിയോഗിക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹുവത്ത് അല പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും എൻറെ ദൂതന്മാരെ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും അള്ളാഹു സുബഹാനഹുവത്ത് അലക്ക് നല്ലൊരു കടം നൽകുകയും ചെയ്താൽ നിങ്ങളുടെ തിന്മകൾ ഞാൻ പുറത്തു നിങ്ങൾക്ക് താഴെയായി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും സത്യനിഷേധം കാണിച്ചാൽ അവൻ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു